ം അഞ്ച് മൂന്നാം ദിവസം യസ്തേർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗ്രഹത്തിന്റെ നേരെ നിന്നു രാജാവ് രാജധാനിയിൽ രാജഗ്രഹത്തിന്റെ വാതിലിന് നേരെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കയായിരുന്നു യസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി തന്റെ കയ്യിലിരുന്ന പൊൻ ചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു രാജാവ് അവളോട് എസ്തേർ രാജ്ഞിയെ എന്തു വേണം എന്താകുന്നു നിന്റെ അപേക്ഷ രാജ്യത്തിൽ പാതിയോളമായാലും നിനക്ക് തരാമെന്ന് പറഞ്ഞു അതിനെസ്തേർ രാജാവിന് തിരുവള്ളമുണ്ടായിട്ട് ഞാൻ ഒരുക്കിയിരിക്കുന്ന വിരുന്നിന് രാജാവും ഹാമാനും ഇന്നു വരേണം എന്നപേക്ഷിച്ചു എസ്തർ പറഞ്ഞതുപോലെ ചെയ്യുവാൻ ഹാമാനെ വേഗം വരുത്തുവിനെന്ന് രാജാവ് കൽപ്പിച്ചു അങ്ങനെ രാജാവും ഹാമാനും എസ്തർ ഒരുക്കിയ വിരുന്നിന് ചെന്നു വീഞ്ഞു വിരുന്നിൽ രാജാവ് എസ്തറിനോട് നിന്റെ അപേക്ഷയെന്ത് അത് നിനക്ക് ലഭിക്കും നിന്റെ ആഗ്രഹവുമെന്ത് രാജ്യത്തിൽ പാതിയോളമായാലും അത് നിവർത്തിച്ചു തരാം എന്ന് പറഞ്ഞു അതിനുസ്തർ എന്റെ അപേക്ഷയും ആഗ്രഹവും ഇതാകുന്നു രാജാവിന് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ അപേക്ഷ നൽകുവാനും എന്റെ ആഗ്രഹം നിവർത്തിപ്പാനും രാജാവിന് തിരുവള്ളമുണ്ടെങ്കിൽ രാജാവും ഹാമാനും ഞാൻ ഇനിയുമൊരുക്കുന്ന വിരുന്നിന് വരണം നാളെ ഞാൻ രാജാവ് കൽപ്പിച്ചതുപോലെ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞു അന്ന് ഹാമാൻ സന്തോഷവും ആനന്ദവുമുള്ളവനായി പുറപ്പെട്ടുപോയി എന്നാൽ രാജാവിന്റെ വാതുക്കൽ മുർദേഖായി എഴുന്നേൽക്കാതെയും തന്നെ കൂസാതെയും ഇരിക്കുന്നത് കണ്ട് ഹാമാൻ മുർദേഖായിയുടെ നേരെ കോപം നിറഞ്ഞു എങ്കിലും ഹാമാൻ തന്നെത്താൻ അടക്കിക്കൊണ്ട് തന്റെ വീട്ടിൽ ചെന്ന് സ്നേഹിതന്മാരെയും ഭാര്യയായ സേരസിനെയും വിളിപ്പിച്ചു ഹാമാൻ അവരോട് തന്റെ ധനമാഹാത്മ്യവും പുത്രഹുത്വവും രാജാവ് തനിക്ക് നൽകിയ ഉന്നത പദവിയും പ്രഭുക്കന്മാർക്കും രാജഭൃത്യന്മാർക്കും മേലായി തന്നെ ഉയർത്തിയിരിക്കുന്നതും വിവരിച്ചു പറഞ്ഞു എസ്തർ രാജ്ഞിയും താനൊരുക്കിയ വിരുന്നിന് എന്നെയല്ലാതെ മറ്റാരെയും രാജാവിനോടുകൂടെ ചെല്ലുവാൻ അനുവദിച്ചില്ല നാളെയും രാജാവിനോടുകൂടെ വിരുന്നിന് ചെല്ലുവാൻ എന്നെ ക്ഷണിച്ചിരിക്കുന്നു എങ്കിലും യഹൂദനായ മൊറദേക്കായി രാജാവിന്റെ വാതുക്കൽ ഇരിക്കുന്നത് കാണുന്നിടത്തോളം ഇതൊന്നുകൊണ്ടും എനിക്ക് ഒരു തൃപ്തിയുമില്ല എന്നും ഹമാൻ പറഞ്ഞു അതിന് അവന്റെ ഭാര്യ സേരശും അവന്റെ സകല സ്നേഹിതന്മാരും അവനോട് അമ്പതുമുഴം ഉയരമുള്ള ഒരു കഴിമരം ഉണ്ടാക്കട്ടെ മൊറുതേഖായിയെ അതിന്മേൽ തൂക്കിക്കളയേണ്ടതിന് നാളെ രാവിലെ നീ അപേക്ഷിക്കണം പിന്നെ നിനക്ക് സന്തോഷമായി രാജാവിനോടു കൂടെ വിരുന്നിനു പോകാം എന്നു പറഞ്ഞു ഈ കാര്യം ഹാമാന് ബോധിച്ചു അവൻ കഴുമരം ഉണ്ടാക്കിച്ചു